ക്കുന്നവരെ ഭഗവാൻ അപഹരിച്ചുകൊണ്ടുപോകും ഹൃദയത്തിലെ മോഷ്ടിക്കും അവരുടെ ഉള്ളം കവർ കൾവൻ ഇവനണ്ടോ ജ്ഞാനസംബന്ധ സ്വാമികൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ശ്രീപരമേശ്വരനെ കുറിച്ച് പറഞ്ഞു ചെറിയ കുട്ടി മൂന്ന് വയസ്സ് കുട്ടി അപ്പൊ ക്ഷീരകാഴിയില് അച്ഛൻ കുളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ കുളിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടി ഇവിടെ കരക്കിരിക്കുന്നു വിശന്നിട്ട് കരഞ്ഞു പാല് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ പരമേശ്വരനും ദേവിയും കൂടെ പ്രകാശിച്ച് ദേവി കുട്ടിയെ എടുത്ത് പാല് കൊടുത്തു എന്നാണ് കഥ അച്ഛൻ കുളിച്ച് കരയ്ക്ക് കയറി കുട്ടിയുടെ വായിന്ന് ഇങ്ങനെ പാല് ചൊട്ടിക്കൊണ്ടിരിക്കണം ആരാ പാല് കുട്ടി ഇങ്ങനെ കൈ മാത്രം കാണിച്ചു അപ്പൊ വീണ്ടും ചോദിച്ചു ആരാ തന്നത് വെച്ചാ അപ്പോ മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടി ആദ്യമായിട്ട് ാംയിത ആചാര്യസ്വാമികൾ ഈ കഥയെ സൗന്ദര്യലഹരിയിലും പറയുന്നുണ്ട് ആരും പാലിൽ തന്നു എന്ന് ചോദിച്ചതും തോടുടയം വിടയേറി കാടുടയുടലൈപ്പൊടി പൂശി പരമേശ്വരനെ വർണ്ണിച്ചു ശ്മശാനഭൂതി പൂശി പാർവതീസമേതനായിട്ട് ഭഗവാൻ അവിടെ പ്രകാശിച്ചു എൻ ഉള്ളം കവർ കൾവൻ ഇവൻ ഉണ്ട് പോകുന്നു എന്റെ ഹൃദയം കവർന്നുകൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ടുപോയ ഒരു കൊച്ചുകുട്ടി പറയുന്നതാണോ അത് വാക്ക് അതാണ് ആചാര്യസ്വാമികൾ പറയുന്നു അംബികയുടെ മുലപ്പാൽ കുടിച്ച ആ കൊച്ചുകുട്ടി ആ ദ്രവിഡ ശിശു കവികൾക്ക് ചക്രവർത്തിയായിട്ട് തീർന്നു എന്നാണ് തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതം പരിവഹതി സാരസ്വതം ദ്രവിഡശിശുരാസ്വാദ്യം പ്രൗഢാമനിമനീയ കവയിതാ പ്രൗഢന്മാരായ കവികളിൽ ചക്രവർത്തിയായിട്ട തീ അംബികയുടെ പാല് കുടിച്ചു അപ്പൊ അവിടെ ജ്ഞാനസംബന്ധർ പറഞ്ഞതിന്റെ ഹൃദയം മോഷ്ടിച്ചു ന ഇവിടെ കണ്ണനും മോഷ്ടിക്കുന്നത് ഹൃദയവുമാണ് ഭക്തന്മാര് അവരായിട്ട് ഹൃദയത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ ചില ഭക്തന്മാര് പക്വുമായിരിക്കും പക്ഷെ അവരെ പക്വുമായി എന്ന് അവർ പോലും അറിയാതെ ഭഗവാനെ സമീപിക്കാതെ ലോകത്തിൽ വർത്തിച്ചാൽ ഭഗവാൻ ചിലപ്പോൾ പിടിച്ചു വലിച്ചുകൊണ്ടുപോകും അപഹരിച്ചുകൊണ്ടുപോകും ആ അപഹരിച്ചുകൊണ്ടുപോകുന്നത് തനിക്ക് അവകാശപ്പെട്ട വെണ്ണയെ കക്ക് ആണ് എന്നുവെച്ചാൽ വെണ്ണയുടെ എന്താ ഹൃദയവുമാണ് ഓരോരുത്തരുടെ ഹൃദയമാവുന്ന വെണ്ണയും ഭഗവാൻ മോഷ്ടിച്ചുകൊണ്ടു അപ്പൊ ഇവിടെ ഭഗവാന്റെ ദിവ്യലീല നവനീത ചോരം അതിനെ ശ്രീസുബ്രഹ്മ മഹർഷി വർണ്ണിക്കാൻ ആരംഭിക്കുകയാണ് ഭക്തന്മാർ ധാരാളം ആസ്വദിച്ചിട്ടുള്ള കഥ കണ്ണൻ യശോദ കണ്ണന് വെണ്ണ കൊടുക്കും ഗോപസ്ത്രീകളൊക്കെ വിളിച്ചു കൊടുക്കുക അത്രേ അപ്പൊ അതൊക്കെ ഓടി നടക്കാൻ തുടങ്ങിയ പ്രായം അപ്പൊ ഗോപസ്ത്രീകളൊക്കെ വിളിച്ചു നോക്കിട്ട് കണ്ണനെ വിളിക്കും എന്തിരാന്ന് വെച്ചാല് മഞ്ഞള് സുമങ്കലികൾ മുഖത്ത് ധരിക്കാനുള്ള മഞ്ഞള് എവിടെയെങ്കിലും ഒക്കെ നല്ല കല്ലില് ഒരച്ചു നോക്കണം അത് നല്ല മഞ്ഞളാണോ എന്നറിയാൻ അതിന് ഇവനെ വിളിച്ചിട്ട് മുതുകത്ത് ഒരച്ചു നോക്കുക അത്രേ കറുപ്പ് നറുവാണല്ലോ കറുത്ത നിറവാണല്ലോ മുതുകരച്ച് നോക്കാം അപ്പൊ എന്ത് തരും നിറയെ വെണ്ണ തരാവുന്ന ആ കാണിക്കും രാവിലെ എണീറ്റാല് ഇവരെ തന്നെ പരിശീലിപ്പിച്ചു വിട്ടതാണ് ഈ വെണ്ണ തിന്നാന് രാവിലെ എണീറ്റ് കണ്ണാ ആ കാണിക്കും അമ്മ ഈ തേച്ചിട്ടില്ലാ കൊഴപ്പില്ല കൂട്ടി ഈ തേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആ കാണിക്കും വായിൽ വെണ്ണയിട്ട് കൊടുക്കും ഇങ്ങനെ വെണ്ണ ഇട്ട് കൊടുത്ത് വെണ്ണ ഇട്ട് കൊടുത്ത് രാവിലെ എണീറ്റ വെണ്ണ ചൊക്കെ അപ്പ വെണ്ണ കൊടുത്തിട്ടില്ലെങ്കിൽ കൈയിട്ടോളും പാത്രത്തില് ഒരു ദിവസം യശോദ അങ്ങട് തിരിഞ്ഞപ്പോൾ പാത്രത്തില് കൈയിട്ടു മുഖത്തും വെണ്ണയുണ്ട് ധാരാളം വെണ്ണ കാണാനില്ല കൃഷ്ണ വെണ്ണ എവിടെ പോയി എന്തിനാ ഈ വെണ്ണ പാത്രത്തില് കൈയിട്ടിരിക്കണത് അമ്മാ അമ്മ കയ്യിൽ കെട്ടി തന്നിട്ട കങ്കണില്ലേ അത് പൊള്ളുന്നു ചുടുന്നു അപ്പോ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെണ്ണപാത്രത്തിൽ കൈയിട്ടതാണ് അത് ശെരി അപ്പൊ മുഖത്തെതിരായി വെണ്ണ അത് മുഖത്ത് ഈച്ചയിരുന്നപ്പോ ആട്ടാൻ കൈ ഇങ്ങനെ ആക്കിയപ്പോ ഇവിടെ വെണ്ണയായതാണ് ഗോപസ്ത്രീകൾ അടുത്ത വീടുകളിലേക്കൊക്കെ കൃഷ്ണൻ ഓടാൻ തുടങ്ങി ഗോപബാലന്മാരുമായിട്ട് ഓടി നടക്കാണ് അപ്പൊ ഗോപസ്ത്രീകൾ ഓരോരുത്തരായിട്ട് വരും യശോദയെടുത്ത് കംപ്ലയിന്റ് പറയാനായിട്ട് കംപ്ലയിന്റ് പറയാനായിട്ടല്ല അത് പറയുമ്പോ കൃഷ്ണൻ ഭയന്ന് നിൽക്കുന്നത് കാണണം അതിനായിട്ട് രാവിലെ എണീറ്റായി ഒരു വരിവരി വരിവരി ആയിട്ട് വരികയാണ് വത്സാൻ മുഞ്ചൻ ക്വചിതസമയേ ക്രോശസഞ്ജാതാ സഹ സ്തേ സ്വാദു അത്തി ർക്കൻഭോക്ഷ്യൻ വിസജേത്തിനത്തി ദ്രവ്യാലോയാൻ വത്സാൻ മുഞ്ചന്സമയേ ഒരു ഗോപശ്രീ വന്നു പറഞ്ഞു എന്റെ മകൻ കൃഷ്ണൻ എന്താ ചെയ്ത രാവിലെ എണീറ്റാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പശുക്കുട്ടി കിടാവിനെ അഴിച്ചുവിടാണ് പിടിച്ചു നിർത്തി എന്തിനാടാ വന്നത് ഇപ്പോഴാണോ സമയം പാല് ഇറക്കുന്ന സമയത്തല്ലേ എക്കടാവിനെ അഴിച്ചുവിടേണ്ടത് അയം ഹി സമയാഹ ഇത് തന്നെ സമയം ഇപ്പോഴാണോ ഈ സമയത്താണോ അഴിച്ചുവിടാം അയം ഹി സമയാ ഇപ്പൊ തന്നെ അഴിച്ചുവിടണം എന്തിനു വന്നു അഴിച്ചുവിടാൻ ഇപ്പോഴാണോ വരണത് ഇപ്പൊ വരണം അയം ഹി ഈ ഗോപസ്ത്രീക്ക് ഇപ്പൊ ഈ എടയപ്പെണ്ണിന് ഇവം പറ മനസ്സിലാവണല്ല ഇവം പരമാർത്ഥനിഷ്ഠൻ അവിടെ ചോദിക്കണോ എന്തിനാ വന്നത് അഴിച്ചുവിടാൻ വന്നു എല്ലാത്തിനും ബന്ധവിമോചനം കൊടുക്കണം അതിനാണെങ്കിൽ അവതാരം അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ സമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം മുമുക്ഷത്വം ഒക്കെ വേണം എന്ന് പറയണം അതുകൊണ്ട് ഇപ്പൊ അവതാര സമയത്താവുമ്പോ ഒക്കെ അഴിച്ചുവിടാൻ എളുപ്പം ഭൂതനാണെങ്കിലും ശരി ഉദ്ധവരാണെങ്കിലും ശരി ഗോപസ്ത്രീകളാണെങ്കിലും ശരിയല്ല സമം അഴിച്ചുവിടാൻ അഭിജേത ദുരാചാര ആരടുത്ത് വന്നാലും ക്ലാസ്സിലൊക്കെ പാസാക്കി വിടണ പോലെ ഗവൺമെന്റ് സ്കൂളിൽ ഒന്നു മുതൽ പത്ത് പേരെ ഉള്ളതിൽ വലിയ പൂജ്യം നോക്കി കരകയറ്റി വിടാം അതുപോലെ ഒക്കെ അഴിച്ചുവിടുക എന്നാണ് എല്ലാത്തിനും മുക്തിമാർഗം തുറന്നു കൊടുക്ക കൊച്ചിത് അസമയേ സമയം ഞാൻ നിശ്ചയിക്കണോ നീ നിശ്ചയിക്കണോ ഇടച്ചി യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനിർഭി ഭാരതം അവൻ പറയാത്രേ അവൻ പറയേണ്ടത് സമയം എപ്പൊ ധർമ്മത്തിന് ഗ്ലാനി വരണോ അപ്പോഴല്ലേ ഞാൻ വരേണ്ടത് അത് ഞാനല്ലേ നിശ്ചയിക്കേണ്ടത് ക്രോശസഞ്ജാതഹാസ ഒരു ദിവസം എന്തു ചെയ്തു പശുക്കിടാവിനെ പാല് കറക്കുന്നതിന് മുമ്പ് ധർമ്മസ്ഥാപനം തുടങ്ങിയത്രേ ഭഗവാൻ എന്താന്ന് വെച്ചാൽ എന്റെ പാ അമ്മയുടെ പാല് ഞാൻ കുടിക്കണം അപ്പൊ പശുവിന്റെ പാൽ ആരാ കുടിക്കേണ്ടത് പശുക്കിടാവാണോ കുടിക്കുന്നത് അത് അധർമ്മമാണിപ്പോ പശുവിന്റെ പാൽ എടുക്കുന്നത് അതുകൊണ്ട് ആദ്യം ധർമ്മസ്ഥാപനം എവിടെ ഒരു ഗോപസ്ത്രീയുടെ വീട്ടിൽ ചെന്നു നല്ല യുവതി പത്തിരുപത്തിരണ്ട് വയസ്സുണ്ട് കണ്ണാഴിയുടെ മുമ്പില് നല്ലവണ്ണം അലങ്കരിച്ച് തലമുടിയൊക്കെ കോതി കെട്ടിവെച്ച് പൊട്ടുതൊട്ടുകൊണ്ട് നിൽക്കുകയാണ് കണ്ണാഴിയുടെ മുമ്പില് സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോഴാണ് പശുക്കിടാവിനെ അഴിച്ചുവിടുകയും ചെയ്തിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് എത്തി നോക്കിയിട്ട് മുത്തശ്ശി നിങ്ങളുടെ കിടാവ് അഴിച്ചുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഓടിയെത്തരാൻ അവളെ മുത്തശ്ശീന്ന് വിളിച്ചാൽ എത്ര അവമാനം ഒരു യുവതിയെ മുത്തശ്ശിയെന്ന് വിളിച്ചാൽ നമുക്ക് എങ്ങനെയുണ്ടാവും ക്രോശസഞ്ജാതഹാസുകൊണ്ട് ഓടിയ ഈ കിടാവിനെ പിടിക്കാൻ പശുവിനെ പിടിക്കാൻ പിന്നെ പുറകെ പോയാൽ ഇവൻ അകത്തേക്ക് കിടക്കുന്നു അകത്ത് കിടന്ന് ധാരാളം വെണ്ണ ഒരാഴ്ചയായി ശേഖരിച്ചു വെച്ച വെണ്ണ സ്ഥേയം സ്വാദു അത്തീ ധാരാളം വെണ്ണ വെണ്ണയൊക്കെ എടുത്ത് വിഴുങ്ങാം ശരി വെണ്ണ ഒരു കൊച്ചുകുട്ടി എത്ര തന്നെ പക്ഷെ ഇവൻ തനിച്ചാണോ നൂറ്റിക്കണക്കിന് ഗോപക്കുട്ടികളുണ്ട് ഗോകുലത്തിലെ ആ ഗോപബാലന്മാരൊക്കെ പുറകുണ്ട് അവര് മാത്രമല്ല ഇവരുടെ ശിങ്കിടികളായിട്ട് കുറെ കൊരങ്ങന്മാരുമുണ്ട് അതത് അതിഭയ കൽ ഹി സ് വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ വെണ്ണ നാട്ടിലുള്ളവർക്കൊക്കെ സദ്യ നാട്ടിലുള്ള പിള്ളാരെയും കൊരകങ്ങളെയും മർക്കാൻ മറ്റൊരു ഈ പൂച്ചയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു ദീയമാനം ഓത്തവേ ഇവിടെ കൊരങ്ങന്മാർക്കും കൊടുത്തു പൂച്ച കുട്ടികൾക്കും കൊടുത്തു എല്ലാത്തിനും കൊടുത്തു അതും പോരാ കൊരങ്ങന്മാർക്കും കുട്ടികൾക്കും കൊടുക്കട്ടെ ബാക്കിയുള്ളതോ കൊടം ചുവട്ടിലിട്ട് പൊട്ടിക്കുകയാണ് വെണ്ണ അവിടെ മുഴുവൻ വിസ്താരമായിട്ട് കിടക്കുന്നു എന്തിനാണ് ആ യശോദ ഇത്ര നേരം തിരിച്ച് യശോദ പുറകെ നിൽക്കണേ ഇവര് വന്ന് കംപ്ലൈന്റ് പറയുമ്പോ സഭയ നയന ശ്രീമുഖാലോകിനി ഭിഹിന്നാണ് അവർ വന്ന് പറയണത് തന്നെ ഈ പേടിച്ചിട്ട് കണ്ണുകൊണ്ട് ഓരോ കുഞ്ഞിനും കാണിക്കണത് കാണാൻ വേണ്ടിയിട്ടാത്രേ വന്ന് കംപ്ലൈൻറ് അപ്പൊ യശോദയോട് ചോദിച്ചു എന്തിനാ യശോദ ചോദിച്ചു എന്തിനാ ഇപ്പൊ കൊടം തല്ലി പൊട്ടിച്ച് നാത്തി വിനത്തി തിന്നാതെ കൊടമിട്ട് തല്ലി പൊട്ടിച്ചു എന്തിനാന്ന് വെച്ചാ അമ്മ നാറുണു <laughs> पुठिकें। पुठिकें ം വിനത്തി കുടം പൊട്ടിക്കാം ഭഗവാൻ ചെയ്യണ ഒരു ഏർപ്പാടാണ് ഈ കൊടം പൊട്ടിക്കൽ കൊടം പൊട്ടിക്കാതെ വന്നവനാണോ നമ്മളും കുടം പൊട്ടിക്കും നമ്മളുമൊക്കെ ഒരു കുലാലന്റെ അടുത്ത് ഒരു കൊശവന്റെ അടുത്ത് പോയിട്ട് ഒരു കുടം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പത്തു മാസം ഈ കിട്ടിയ കുടം അത്രേ മാസം കൊശവന്റെ അടുത്ത് ചോദിച്ചിട്ട് കിട്ടിയ ഒരു കുടമാണ് കൊണ്ടു നടക്കുന്ന ശരീരം എന്നാണ് നന്ദവനത്തിൽ ഒരാണ്ടി അവൻ നാലാറു മാതമായി കുയവനായി വേണ്ടി കൊണ്ടുവന്താണ് ഒരു തോണ്ടി അതെ കൂത്താടി കൂത്താടി പൊട്ടുടച്ചാണ്ടി തോണ്ടി ഈ കൊടം കൊടം കൊണ്ടുവന്നിട്ടാണ് നാലാറു മാതം പത്തു മാസം യാചിച്ചു കിട്ടിയ കൊടം അത് കൂത്താടി കൂത്താടി ചോട്ടലിട്ട് പൊട്ടിച്ചു എന്നാണ് രണ്ടുവിധത്തിലെ അർത്ഥം പറയൂ അതൻ ഒന്ന് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ ശരീരം അവസാനം വീണുപോകുന്നു മറ്റൊരർത്ഥം ഭഗവാനെ ഹൃദയത്തിൽ പിടിച്ചിരുത്തിയാൽ ആനന്ദം കൊണ്ടും കൂത്താടി കൂത്താടി അവസാനം ഇട്ടുടയ്ക്കാം ഇപ്പൊ ഭഗവാനെ ഭഗവാൻ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു കുടം പൊട്ടിക്കാം എന്നുവച്ചാൽ ശരീരത്തിന്റെ കാര്യം കഴിയും അവൻ ചെറിയ കുട്ടിയല്ലേ അവനെ എത്ര കണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും വെണ്ണ അവന് കിട്ടാത്ത സ്ഥലത്ത് എവിടെങ്കിലും നിങ്ങൾ തന്നെ വയ്ക്കണം എന്നേ യശോധ അപ്പൊ ഗോപസ്ത്രീകൾ പറഞ്ഞു ഇവന് കിട്ടിയില്ലെങ്കിൽ അത് അതിനേക്കാളും അപകടം വേറെ ഒരു ഗോപിക മുമ്പിൽ വന്നു എന്റെ വീട്ടിൽ എന്താ നടന്നതറിയോ ദ്രവ്യാലാപേസ ഗൃഹകുപിത്തോ യാതി ഉപക്രോശ്യത്തോ ഞങ്ങളുടെ വീട്ടില് ഇവന് കൊടുക്കാൻ വെണ്ണയില്ലാത്തതുകൊണ്ട് തൊട്ടിയിലിട്ടിരിക്കുന്ന കൊട്ടിയെ നല്ല പെണ്ണും ഒരു നുള്ളു കൊടുത്തു എന്നാണ് അത് ഉറക്കം നില നെല്ലിക്കുന്നു അത്രേ ദ്രവ്യാലാഭേസ ഗൃഹകുപിത്തോ നുള്ളുമ്പോ ചെവിയിൽ പോയി പറഞ്ഞു അത്രേ ഭഗവാൻ ആരുടെ ആ ജനിക്കാൻ പറഞ്ഞത്ര കഴിഞ്ഞ ജന്മത്തിലേക്ക് അരകേറാതെ എനിക്ക് പണി ഉണ്ടാക്കാനായിട്ട് ദ്രവ്യാലാഭേസ ജാതി ഉപക്രോശത്തോ കാ ഈ ശ്ലോകത്തിന് അത്ഭുതമായ വ്യാഖ്യാനമുണ്ട് ഭഗവാൻ ഹൃദയമാവുന്ന വെണ്ണയാണ് അപഹരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഭക്തന്മാരാണ് ഈ ഗോപസ്ത്രീകളൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ ജ്ഞാനമാകുന്ന വെണ്ണ ഒളിഞ്ഞുകിടക്കുന്നു എല്ലാവരുടെ ഉള്ളിലൊണ്ട് ജ്ഞാനം ജ്ഞാനം അസ്ഥി സമസ്തൃജന്തോഹോ പക്ഷെ വിഷയഗോചരെ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ജ്ഞാനത്തിനെ നമ്മളുടെ ഉള്ളിൽ നിന്ന് കടഞ്ഞെടുക്കണം വെണ്ണ കടയുന്ന പോലെ കടഞ്ഞ് ധ്യാനമാകുന്ന കടച്ചൽ കൊണ്ട് ഉള്ളിലുള്ള അനുഭൂതിയെ പുറമേക്ക് കൊണ്ടുവരണം നമ്മളുടെയൊക്കെ മനസ്സ് പാല് പോലെ വെറും പാല് കടഞ്ഞാൽ കിട്ടില്ല അല്ലെ അത് തൈരാക്കിയിട്ട് വേണം കടയാനായിട്ട് അത് നമ്മൾക്ക് ഒരു ഗുരു സത്സംഗത്തിൽ ചെല്ലുമ്പോ അതിൽ അല്പം വിവേകമാവുന്ന മോരു വീഴും പാല് ഉറയൊഴിച്ചാൽ തൈരായി വിവേകമാകുന്ന ഓരൊരു രണ്ട് ഡ്രോപ്പ് വീണാല് വിവേകം ഉണ്ടാവുമ്പോ ഈ പാലുപോലെയുള്ള മനസ്സ് പിരിഞ്ഞ് തഹീരാകൂ പിന്നെ ഏകാന്തത്തിലിരുന്ന് കടയണം ഗോപസ്ത്രീകളൊക്കെ ഏകാന്തത്തിലിരുന്ന് കടഞ്ഞു അത്രേ ഉദ്ഗായതീനാമരവിന്ദലോചനം അവര് ഏകാന്തത്തിലിരുന്ന് ഗാനം ചെയ്തുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്ത് കടഞ്ഞു എന്നാണ് ഉള്ളിൽ കടഞ്ഞു വെണ്ണ എടുത്തു എന്നുവെച്ചാൽ അനുഭൂതിയെ ഹൃദയത്തിൽ പൊന്തിച്ചുകൊണ്ടുവരുമ്പോ ആ ഹൃദയത്തിനെ സർവേശ്വരൻ എടുത്തു വിഴുങ്ങിക്കളയും നമ്മളെ അറിയാതെ കണ്ണൻ നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളുടെ അനുഭൂതിയെ അപഹരിക്കും ഭഗവാൻ അങ്ങനെ വെണ്ണയില്ലാതെ ഒളിച്ചു വച്ചിരിക്കുന്നവരെ കണ്ടാൽ ഗൃഹകുപിത നമ്മളൊക്കെ ചോദിക്കും ചിലപ്പോൾ ചില ഭക്തന്മാർക്കൊക്കെ അത്യധികം ദുഃഖമുണ്ടാവും ജീവിതത്തിൽ ദുഃഖമുണ്ടാവും അവരുടെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ മക്കൾ ബന്ധുക്കൾക്കോ ഒക്കെ ചിലപ്പോ വിഷമം ഉണ്ടാവും അതുകൊണ്ട് അവര് അത്യധികം വിഷമിക്കും ഇതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഗൃഹകുപിത ഗൃഹകുപിതഹ എന്ന് വെച്ചാൽ ഗൃഹത്തിനോട് കോപം അതിന് രണ്ടർത്ഥം അതായത് നമ്മളുടെ ഒക്കെ ഉദ്ദേശം നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് ആത്മസാക്ഷാത്കാരം നേടാനാണ് ഭക്തി അനുഭവിക്കാനാണ് എല്ലാ ജീവനും പക്ഷെ അങ്ങനെയാണോ ഇപ്പൊ എല്ലാം ജീവിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയല്ല അതെന്താ ഇവിടെ വരുമ്പോ മായയുടെ ഉള്ളിൽ വരുന്ന സമയത്ത് എന്തിനു എന്നുള്ളത് മറന്നുപോകും മറന്നുപോയി കുറെ കാലം ഭഗവാൻ അങ്ങനെ ജീവിക്കാൻ നമ്മളെ ഒക്കെ വിഷയഭോഗം മാത്രമായിട്ട് പക്ഷെ ഒരു വിധത്തിൽ കഴിഞ്ഞിട്ടും ീശ്വരാഭിമുഖമായിട്ട് ഒരു ജീവൻ തിരിയുന്നില്ലെങ്കിൽ ഭഗവാൻ ഗൃഹകുപിത്തനായിട്ട് തീരുവാത്രയും ഗൃഹകുപിത്തൻ എന്ന് വെച്ചാൽ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു സ്വൈരവും ഇല്ലാതാക്കാം ഒരു സ്വൈരതയില്ലാതെ ഒരുവിധത്തിലും ഒരു സ്വസ്ഥതയില്ലാതാക്കി തീർക്കാം അങ്ങനെ ആക്കി തീർക്കുമ്പോൾ എന്താവും ഇവർ പതുക്കെ ആലോചിച്ചു തുടങ്ങുന്നു എന്താ ജീവിതത്തിന് അർത്ഥം എല്ലാം സുഖമായിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതമൊക്കെ സ്വസ്ഥമാണെങ്കിൽ ആലോചിക്കില്ലേ ഭഗവാൻ പര പരമവൈരാഗ്യം ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ഗൃഹഗൂപിതനായിട്ട് തീരും ഗൃഹസ്ഥ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാതാക്കി പലവിധ വിഷമങ്ങൾ കൊണ്ട് തരുമ്പോ ഇവർ പതുക്കെ ആലോചിക്കും അല്ലെങ്കിൽ ഈ ഗൃഹം എന്ന് വെച്ചാൽ തന്നെ ഗൃഹ്യതേ ഗൃഹം എന്നൊരർത്ഥം പറയും വിടില്ല യാത്ര പിടിച്ചിരിക്കും ഭാഗവതം കേൾക്കാൻ പോകണം എന്ന് തോന്നുന്നു വീടിനെ വിട്ടിട്ട് എങ്ങനെ പോവും ഞാനില്ലെങ്കിൽ ആരെയും കള്ളം വന്നാലോ വീട്ടിലെ ആളുകളുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ വീട്ടിൽ അവർക്ക് ആര് ചോറ് വെച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ഉപായം പറഞ്ഞിട്ട് നമ്മളില്ലെങ്കിൽ ഇതിലത്തെ നടക്കില്ല എന്ന് പറഞ്ഞ് കുടുംബാരാമ എന്നാണ് ഈ ഗൃഹത്തിലുള്ള പിടി നമുക്ക് വിട്ടു വരില്ല വൈരാഗ്യം വരില്ല ഗേഹരത്തിനത്തി എന്നുള്ളത് ഭക്തി ഉണ്ടാകുമ്പോൾ ഗൃഹത്തിനോടുള്ള അത്യന്തമുള്ള ആസക്തി വിട്ടുപോകും പക്ഷെ ആ ആസക്തി വിടാതെ നമ്മൾ പിടിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ ചിലപ്പോ ഗൃഹസ്ഥാശ്രമം താറുമാറാക്കും ഗൃഹകുപിത്തനായിട്ട് തീരും ഭഗവാൻ അപ്പോഴും ഒക്കെ വിടാം എന്നാലും എന്റെ കുട്ടിയെ ഉപേക്ഷിക്കാൻ വയ്യ എന്റെ മകനുണ്ട് പേരക്കുട്ടിയുണ്ടെന്ന് പറയുമ്പോൾ പേരക്കുട്ടിയെ നുള്ളിവിടും ഉപക്രോശ്യ തുക പേരക്കുട്ടിയെ നുള്ളിവിടുക എന്ന് വെച്ചാൽ എന്തെങ്കിലും വിധത്തിൽ ഒന്നിൽ കുട്ടികൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോവലോ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതാവുകയോ കുട്ടികൾ എന്തെങ്കിലും ദുഃഖിപ്പിക്കുകയോ എന്തെങ്കിലും ഒരു വിഷമം നമ്മൾ എന്തിനോട് ആസക്തി വെച്ചുകൊണ്ടിരിക്കുന്നുവോ അതിനെ വലിച്ചുകൊണ്ടുപോകും കപല ഭഗവാൻ അമ്മക്ക് ദേവഹൂതിയോട് പറയുന്നു അമ്മയെ ഏതു വസ്തുവിനെ കയറി പിടിച്ചാൽ ശരി ആ വസ്തുവിനെ അവസാനം പ്രകൃതി കൈന്ന് വലിച്ചുകൊണ്ടുപോകും ഏത് വസ്തുവിൽ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ഒട്ടിക്കൊണ്ടിരിക്കുന്നുവോ ആ വസ്തു നഷ്ടപ്പെടുമ്പോ മനസ്സിൽ വൈരാഗ്യം ഉണ്ടാവും ഹങ്കാര്രവ്യോ അവസ്ഥാനമനുഗ്രഹ അപ്പോ ഗൃഹകുപിത ബാലലീലയാണോ പറയുന്നത് അതിനകത്ത് ഇതിൽ അത്യത്ഭുതമായ വ്യാഖ്യാനമാണ് ഗൃഹകുപിത ഉപക്രോശ്യ തോക്കാന്നാണ് കുട്ടിയെന്നുള്ളിവിട ഇങ്ങനെ ഭഗവാന്റെ ലീലയിലെ അത്യധികം ഗൂഢമായ അർത്ഥങ്ങൾ ഒളിഞ്ഞു കിടക്കുകയാണ് കണ്ണൻ വീട്ടിൽ വെണ്ണ കേൾക്കാൻ വരണൂ എന്ന് ഗോപസ്ത്രീകൾ വന്ന് പറയുന്നു യശോദയോടും അവരുടെ ഹൃദയത്തിലും ആനന്ദമാണ് കണ്ണൻ കട്ടു എന്ന് പറഞ്ഞ് കള്ളന്റെ കള്ളനെ കംപ്ലൈന്റ് പറയണ രീതിയിലല്ല ആനന്ദത്തിൽ തന്നെ പ്രിയത്തിൽ തന്നെ വന്ന് പറയണത് കണ്ണനെ കാണാനുള്ള കൊതിയോടെ തന്നെ അവരും വരണത് ഒരു ഗോപസ്ത്രീ വന്ന് പറഞ്ഞു യശോദേ അവന് എത്താ അവന് കയ്യെത്താത്ത ഉയരത്തിൽ വെച്ചാലോ ഒരൽ വെച്ച് അതിന്റെ മേലെ കയറി നിന്നിട്ട് ഇവൻ വെണ്ണയെടുക്കുന്നു അവിടെ ഒരു ഗോപികയുടെ വീട്ടിൽ മാത്രം ഭഗവാന് വെണ്ണ കിട്ടിയതേ ഇല്ല എന്നാണ് ഗോപക്കുട്ടികൾക്ക് പുതിയതായിട്ട് അവിടെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു മരുമകളും വന്നിട്ട് മരുമകളും അമ്മായി അമ്മയും ദിവസം ബഹളമാണ് വീട്ടിൽ മാമിയാർ നാട്ടുപ്പൊൺ ശണ്ടൻ ദിവസം ബഹളമാണ് വീട്ടിൽ ഈ അമ്മായിമ്മ മരുമകളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും തിന്ന് തിന്നു കൊഴുത്തിരിക്കണു ഏരുമ പോലെ എന്ന് ദിവസം പറയൂ അത്രയും ഞാൻ ഊണൊന്നും കഴിക്കണില്ല ഇതെന്റെ പ്രകൃതിയാണ് വെണ്ണ കാണാതെ പോകണു ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മ പറയണത് നീയാണ് തിന്നണ ഭർത്താവിന്റെ അടുത്ത് മകന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഈ മരുമകള് ആരുമില്ലാത്ത സമയത്ത് അവൾ വെണ്ണ എടുത്തു പിഴുങ്ങുണോന്നു അവൾ പറഞ്ഞു ഞാനല്ല ആ ഗോപക്കുട്ടികള് പല വീട്ടിലും പോയി വെണ്ണ കക്കണുണ്ട് അവരാണ് കെട്ടത് ഏയ് നീ തന്നെയാ കെട്ടത് എന്ന് അമ്മായി ദിവസം ഈ മരുമകൾ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും പിടിച്ചു എന്നാലേ നമ്മളുടെ മേലെയുള്ള ഈ പഴി മാറിക്കിട്ടുള്ളൂ അപ്പൊ ഒരു ദിവസം അമ്മായിമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ് യമുനേലയ്ക്ക് ഇതൊക്കെ ഭക്തന്മാരുടെ ഭാവങ്ങളാണ് കേട്ടോ ഇവളെന്ത് ചെയ്തു ഇവൾക്ക് അടുക്കളയിൽ ജോലി ഈ മരുമകള അപ്പൊ വെണ്ണമേലെ ഒരല് കെട്ടിത്തൂക്കി വാതിലില് ഒരു മണിയും കെട്ടിത്തൂക്കി വാതില് തുറന്നാൽ അറിയാനായിട്ട് ഒരു മണിയും കെട്ടിത്തൂക്കി വാതില് തുറന്നാൽ മണി ശബ്ദിക്കും എന്നിട്ട് അടുക്കളയിൽ ജോലിയായി അപ്പോഴാണ് കണ്ണൻ ആ വീട്ടിലേക്ക് വരണത് അപ്പോ വാതില് മണി ഇങ്ങനെ കിടന്ന് ആടണ്ടത് ശബ്ദിക്കും വാതിൽ തുറന്നാൽ ഇവനറിയില്ലേ രാവിലെ എണീറ്റ് ആ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഇപ്പൊ തോന്നുന്ന ഒരു സാധനമുണ്ട് അത്ര എന്താന്ന് വെച്ചാൽ കോണകം അശോ രാവിലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് അഴിച്ചും മണിയുടെ ഒന്നാവിൽ അങ്ങനെ കെട്ടിയിട്ടുണ്ട് ശബ്ദിക്കാതിരിക്കാനായിട്ട് അകത്ത് കടന്നു മേലെയാണ് മൗള് പതുക്കെ ഒരല് വെച്ച് കയറി അഷ്ടാഗ്രാഹ്യേ രചയതി വിധി പീഠകോലൂ ഒരു പീഠം അതിന്റെ മേലെ ഒരല് അതിന്റെ മേലെ കയറി നിന്ന് ആ തൈരു കുടത്തില് ഒരു ഛിദ്രമുണ്ടാക്കി പതുക്കെ അതിനകത്തുനിന്ന് വെണ്ണ ഇങ്ങനെ വരുന്നു ആ വെണ്ണ വായിൽ നിറച്ചപ്പോഴാണ് ഇവളെന്തോ ആരോ വന്ന മാതിരി തോന്നിയത് വന്നു ശരിക്കും വാതിലിന്റെ മുമ്പടുത്ത എന്നെ വന്നു നിന്നു ഇവൾ നിന്നാ പിന്നെ കടക്കാൻ പറ്റില്ല അത്രയുണ്ട് തടി കൃഷ്ണനെ കൃഷ്ണ എന്നെ ഇന്ന് ഞാൻ കയ്യോടെ പിടിച്ചു എന്റെ അമ്മായിയമ്മ കുറെ ദിവസമായി എന്നെ കുറ്റമറയാൻ തുടങ്ങിയിട്ട് ഞാനാണ് വെണ്ണ നിന്നണോ എന്നാണ് അപ്പൊ കംപ്ലയിന്റ് ഇന്ന് തന്നെ ഞാനിത് ആ കയ്യോട് പിടിച്ചു കൊടുക്കണുണ്ടോട്ടോ കൃഷ്ണൻ പറഞ്ഞു അരേ എത്ര സുന്ദരമാണ് നൻ്റെ മുഖം എന്നെ പോലെ ഒരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടേയില്ല പുകഴ്ത്തിയത്രെ സുന്ദരമായ മുഖം നെലിഞ്ഞ ശരീരം അവളിതിങ്ങനെ അവളെ ഇതുവരെ ആരും പുകഴ്ത്തിയിട്ടില്ല കുറച്ചുനേരം ഭ്രമിച്ചു എന്നെ വിടൂ ഞാൻ പോട്ടെ ഇനി ഞാൻ വരില്ലാട്ടോ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോ വായിലെ വെണ്ണയുണ്ട് ഇപ്പൊ അതുക്കെ കുറെ വായിൽ വെണ്ണ നിറഞ്ഞു അത് ഭൂത്കാരെ ഭൂ എന്ന് പറഞ്ഞു അവളുടെ മുഖത്തേക്ക് ഇങ്ങോട്ട് മുഖം കണ്ണും മൂക്കും മുഖം മുഴുവൻ വെണ്ണയായി കാലിന്റെ ഇടക്കൂടെ ഓടിപ്പോയി എത്ര ഓടിപ്പോയി ഇവളൊന്ന് ഭ്രമിച്ചു നിക്കുന്നു കുട്ടിയെ കാണാനില്ല അമ്മായി അമ്മ ശരിക്കു വരികയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെയല്ല ഞാനും അങ്ങോട്ട് കടക്കുമ്പഴേക്കും വെണ്ണയെടുത്ത് മെഴുങ്ങിയില്ലേ കയ്യോടെ തന്നെ ഞാൻ ഒന്ന് ഇതപ്പിടിച്ചു മുഖത്ത് മുഴുവൻ വെണ്ണയാണ് എന്തോ പറയാൻ പറ്റും ഏ ആ കുട്ടി ഏതു കുട്ടി കൃഷ്ണൻ കൃഷ്ണനോ കൃഷ്ണനെവിടെ അവിടെ വന്നു കൃഷ്ണന്റെ പൊടി പോലുമില്ല അവിടെ കൃഷ്ണനാണ് വെണ്ണ ആ കുട്ടി ദിവസം കഴിയും തോറും മെലിഞ്ഞ് മെലിഞ്ഞു മെലിഞ്ഞ് വരുന്നു നീ വെണ്ണയും തിന്നിട്ട് മുഖത്ത് മുഴുവൻ വെണ്ണയേതാ അങ്ങനെ കിടക്കണുണ്ട് ഒരു ദിവസം അടുത്ത ഒരു ഗോപികയുടെ വീട്ടിലേക്ക് ആ ഗോപബാലൻ തന്നെ വന്ന് പറഞ്ഞു കണ്ണ ഞങ്ങളുടെ അവിടെ ധാരാളം വെണ്ണയുണ്ടട്ടോ കുട്ടികൾ തന്നെ വന്ന് റിപ്പോർട്ട് കൊടുക്കും ആ ഗോപസ്ത്രീ പുറത്തുപോയ സമയം നോക്കി ഇവരവിടെ ചെന്നു വീടൊക്കെ ഓല കൂരയാണല്ലോ ഒരു ഗോപുപാലനെ ചുവട്ടൽ നിർത്തി മുകളിൽ കയറി അതിന്റെ മുകളിൽ കയറി പതുക്കെ കൂര പൊളിച്ചകത്തിറങ്ങി വെണ്ണപ്പാത്രം ഇറക്കി ചുവട്ടൽ വെച്ചു അപ്പോഴേക്ക് മറ്റേ പോയ ഗോപിക വന്നു കുട്ടികളൊക്കെ ഓടിയും പോയി പുറത്ത് കണ്ണൻ ഈ വെണ്ണപാത്രം ഇറക്കി ചുവട്ടില് വെച്ച് പുറത്തുള്ളവരോട് സുധാമാവേ ശ്രീധാമാവേ ഞാനിപ്പോ വരാട്ടോ ധാരാളം വെണ്ണയുണ്ടെന്ന് വെണ്ണയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവര് ഓടിക്കഴിഞ്ഞു ശബ്ദം കേൾക്കുന്നില്ല പുറത്തൊന്നും ഈ വെണ്ണപാത്രത്തില് കൈയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണുണ്ട് കുറെ വെണ്ണയൊക്കെ എടുത്ത് മേലയും വായിലും മുഖത്തും ഒക്കെ ഇങ്ങനെ കിടക്കണുണ്ട് ഈ ഗോപിക വാതിൽ തുറന്നു നിൽക്കണു ആ പ്രസൻസ് പറയുന്നുണ്ടോ പതുക്കെ ഇടക്കണ്ണു കൊണ്ട് നോക്കി ആ ഗോപസ്ത്രീ ഇങ്ങനെ സുന്ദരമായി രൂപം നോക്കിക്കൊണ്ട് നിൽക്കണം വെണ്ണപാത്രത്തിൽ കയ്യുമട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ട് മേലയും മറ്റുമൊക്കെ വെണ്ണ മുഖത്തും വയറ്റിലുമൊക്കെ വെണ്ണ അങ്ങനെ ചടഞ്ഞ് അങ്ങനെ ചുവട്ടിലിരിക്കുകയാണെ ഒരു പട്ടുകോണകം മാത്രമുണ്ട് ഇരുന്നപ്പോ കൊടവയറ് കുഞ്ഞു കൊടവയറ് മുന്നോട്ടും അതിൽ മൂന്ന് വലികളും ത്രിഭംഗം അതിലേക്ക് വെണ്ണപാത്രത്തിന് കൈവിട്ടു ഇങ്ങനെ ഇരിക്കണു പതുക്കെ ഇവളിങ്ങനെ നിൽക്കണു കണ്ടില്ലാന്നുള്ള മട്ടിൽ കാര്യമായിട്ട് വെണ്ണയൊക്കെ നീക്കി നീക്കി അന്വേഷിക്കുക കുടത്തിൽ ആ വെണ്ണയല്ലാതെ എനിക്ക് വേണ്ടതാന്നുള്ള മട്ടില് വെണ്ണയൊക്കെ കൈ കൊണ്ട് മാറ്റി വെണ്ണ നോക്കാനല്ല എന്നുള്ള മട്ടില് വെണ്ണയൊക്കെ കൈ കൊണ്ട് നീക്കി ഇടക്കൂടെ അതിന്റെ ഉള്ളിലേക്ക് നോക്കുക ആ ഗോപിക എന്ന് പറഞ്ഞ് ശബ്ദിച്ചു അത്രേ അപ്പൊ ഇനിയിപ്പൊ നോക്കാതെ നിർത്തിയില്ലല്ലോ അപ്പൊ അതൊക്കെ നോക്കി പിന്നെയും വെണ്ണപാത്രത്തിലേക്ക് നോക്കി പിന്നെയും അവളത് നോക്കി എത്ര നേരം ചിരിക്കാതിരിക്കാൻ പറ്റും വേറൊരാളുടെ വീട്ടിൽ കയറി അടുക്കളയിൽ കയറി വെണ്ണപാത്രം ചുവട്ടിലെടുത്ത് വെച്ച് അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ അവസാനം നല്ലവണ്ണം നോക്കി ഒന്ന് മന്ദഹസിച്ചു എന്നാണ് ചിരിച്ചു പരിചയമുള്ള ഒരാളെ യാതൊന്നും സംഭവിക്കാത്ത പോലെ നമ്മൾ വഴിയിൽ ഒരാളെ കണ്ട തലയാണിക്കില്ലേ അത് യാതൊന്നും സംഭവിക്കാത്ത പോലെ തല കുലിക്ക് ചിരിച്ചു അത്രയും അപ്പൊ ആ ഇവന്റെ മന്ദഹാസം കണ്ടപ്പോ തന്നെ അവളുടെ മനസ്സ് നിറഞ്ഞു അവൾ ചോദിച്ചു കസ്തം ബാല ഇവനെ അറിയാത്തവരവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാലും കുട്ടിയോട് പ്രസന്തി ചോദ്യം ചോദിച്ചു കുഞ്ഞിനി ആരാണ് കസ്ത്വംബാല ബലാനുജ നേരെ ചോദ്യം ഉത്തരവില്ല കുഞ്ഞേനി ആരാണ് ചോദിച്ചപ്പോ കൃഷ്ണൻ നന്ദഗോപുത്രൻ യശോദാപുത്രൻ ഒന്നും പറഞ്ഞില്ല അഡ്രസ് കൊടുത്തത് ബലരാമന്റെ അനുജനാണോ എന്താന്ന് വെച്ചാൽ ബലരാമനാണ് സ്ഥലത്തില് ഉള്ള ഗുണ്ട അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ഒരു വെയിറ്റ് ഉണ്ടാവും കസ്ത്വംബാല ുജഹ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നത് കിമിഹതേ ഇപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളേ കൂര മുറിച്ചിട്ട് ഇറങ്ങിയിരിക്കണം നീ ബോല വയ്യാൻ ആളെ വിളിക്കണം എന്തിനാ ഇവിടെ വന്നത് മന്മന്തിരാശങ്കയാ വീട് മാറിപ്പോയതാണ് എന്റെ വീടാണെന്ന് വിചാരിച്ച ഭഗവാൻ അങ്ങനെയാണ് ഉള്ളില് പ്രവേശം എന്റെ വിചാരിച്ചു വന്നു എന്റെ വീടാണെന്ന് ക്ലെയിം ചെയ്താ ഞാൻ പോവാന്ന് പറഞ്ഞ് പോകും തന്റെ വീടാണെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ വരുമ്പോ എന്റെ വീടാണെന്ന് പറഞ്ഞാൽ പോയി പോകും മന്മന്തിരാശങ്ക ആഹാ ഇപ്പൊ വീടൊക്കെ മാറി പോകുമല്ലേ ഉണ്ടില്ല അതും അവനവന്റെ വീട്ടിലേക്ക് കൂര വിളിച്ചിട്ടാ ഇറങ്ങുക യുക്തം തത് നല്ല യുക്തി നല്ലവണ്ണം യോജിക്കുന്നുണ്ട് യുക്തം തത് ആട്ടെ ത്തിൽ എന്തിനാ കൈയിട്ടിരിക്കുന്നത് അപ്പൊ ചോദിച്ചപ്പോ മോഹം വളരെ സീരിയസ് ആയത് മാതഹ അമ്മ ഇവൻ അമ്മ എന്ന് വിളിച്ചാ അവൾ ഈ ലോകത്തിലിരിക്കുവോ അവൾ ഉരുങ്ങിപ്പോയി അമ്മ ഈ യശോദമ്മ ഉണ്ടല്ലോ യശോദമ്മയ്ക്ക് എന്നോട് കുറച്ചുകൂല സ്നേഹവില്ല രാവിലെ എണീറ്റ് ഞങ്ങളെയൊക്കെ ഈ കിടാക്കളെ പശു കിടാക്കളെ മേയ്ക്കാനായിട്ട് പറഞ്ഞു വെച്ചിട്ട് ഞാനും ഉണ്ട് സുധാമാവുമുണ്ട് ശ്രീധാമാവുമുണ്ട് ശോകൃഷ്ണനും ഉണ്ട് നിങ്ങളുടെ മകനുണ്ടല്ലോ ആ മുട്ടക്കുട്ടി അവനുമുണ്ട് ഞങ്ങളൊക്കെ കൂടെ മാട് പശുവിനെ മേയ്ക്കാനായിട്ട് ചെന്നിട്ട് തിരിച്ചു വരുമ്പോ ഒരു പശുക്കുട്ടിയെ കാണാനില്ല അതിനെ അന്വേഷിച്ച് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വെണ്ണപാത്രത്തിൽ തിരഞ്ഞാൽ കിട്ടും അതുകൊണ്ട് പശുക്കുട്ടിയെ അന്വേഷിക്കാമെന്നതാണ് കഞ്ചന വത്സകം മൃഗയ്യുതും മാഗാവിഷാദം അവളിങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണേ ഇങ്ങനെയോ ഒരു കുട്ടി പോകുമോ കഞ്ചനവത്സകം മൃഗയ്യതും മാഗ അതിന് മേലെ അവളെ സമാധാനിപ്പിക്ക പാവ ഈ കുട്ടിയുടെ കിടാവ് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് വിഷമിക്കണ്ടട്ടോ എനിക്ക് കിട്ടുമെന്നാണ് കഞ്ചന വത്സകം മൃഗയുധും ഇങ്ങനെ അവളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഭ്രമിച്ചു നോക്കുമ്പോൾ എടേക്കൂടെ ഓടിപ്പോയി ഇതൊക്കെ ലീലാസുഖന്റെ ശ്രീകൃഷ്ണകർണാമൃതത്തിലെ ശ്ലോകങ്ങളാണ് യശോദ കുട്ടിക്ക് ദിവസം രാവിലെ എണീറ്റാത ധാരാളം പാല് കൊടുക്കും എണ്ണയിൽ ഇഷ്ടം പോലെ കൊടുക്കും എന്നാലും തെരുവിൽ പോയി കട്ട് തിന്നണോ അതിന്റെ ഒരു സുഖം അത് വരണില്ല തിന്ന് തിന്ന് വേറെ പിടിച്ചു ദഹനമൊക്കെ വൈദ്യനെ വിളിച്ചു വൈദ്യം നോക്കിട്ട് പറഞ്ഞു പാല് കൊടുക്കരുത് പാല് ഒരുപാട് കുടിച്ചിട്ടാണിത് അപ്പൊ കുഴപ്പം പാലിനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് പാല് കൊടുക്കരുത് ഇവനുണ്ടോ പറ്റണു രാവിലെ എണീറ്റു അമ്മ പറഞ്ഞു കൃഷ്ണ പാല് ചോദിക്കരുത് കേട്ടോ ദാഹിച്ചാല് ധാരാളം വെള്ളമൊഴിച്ചിട്ട് സംഭാരം തരാം മോര് പാല് ചോദിക്കരുത് അമ്മ മാതഹ കിം യുനാഥ എന്താ വേണ്ട ദേഹി ചഷകം എനിക്കേ എനിക്ക് ഒരു ഒരു ഗ്ലാസ് തരുമെന്ന് ഒരു ചഷകം ഒരു കിണ്ണം തരുമോ നേരെ ചോദിച്ച് ചോദിക്കാം ക്യുതേന് എന്തിനാപ്പൊ ചഷകം പാതും പയഹ പാലു കുടിക്കാനായിട്ടാണ് തന്നാസ്തി അധ്യ ഇപ്പൊ തരാൻ പറ്റില്ല കഥാസ്തിവാത്തത് എപ്പ തരും നിശായാം നിശി രാത്രി തരാം രാത്രി എന്ന് എന്താ ഇതിനെങ്ങനെ ഉത്തരം പറയും നിശാഖാവ രാത്രിയോ രാത്രി എങ്ങനെയുണ്ടാവും രാത്രി എന്ന് വെച്ചാൽ അന്ധകാരോദയഹ അതൊന്നും പറയാൻ വയ്യ രാത്രിയായി ഉടനെ കണ്ണ് ഇറുക്കി അടച്ചു അത്രയും കണ്ണടച്ച അമ്മായി ഇരുട്ടുവന്നു എനിക്ക് പാത്രത്തിൽ പാല് വരുമെന്ന് ഒരു ദിവസം രാത്രി കണ്ണനെ മടിയിലിട്ടിരിക്കുക യശ്വത ആകാശത്തിലേക്ക് എങ്ങനെ നോക്കി ആകാശത്തിൽ പൂർണ ചന്ദ്രൻ അല്ല ധവള പ്രകാശം അമ്മ അതെന്താണ് വെച്ചു അതെന്താ അവിടെ ഒരു വെളിച്ചം കിം രത്നം രത്നാണോ അത് അമ്മയ്ക്ക് ഒരു കുസൃതി തോന്നി യശോദക്ക് അത് വെണ്ണയാണോ തോന്നുന്നു ഇത്ര വലിയ വെണ്ണയോ അതെ വെണ്ണ വെണ്ണയാണോ അത് ആകാശത്തിലുള്ള വെണ്ണ ആഹാ ീ വെണ്ണ എവിടുന്നു കടഞ്ഞു ഏത് പശുവിന്നാ ഈ വെണ്ണ അത് പശു സമുദ്രം കടഞ്ഞപ്പോ കിട്ടിയതാ ഏത് സമുദ്രം കടഞ്ഞപ്പോഴാ കിട്ടിയത് ക്ഷീരസാഗരം കടഞ്ഞപ്പോ അവിടെ എത്ര പാല് ഈ പാൽ എവിടുന്ന് വന്നു ഏത് പശുവിന്നാ വന്നത് അത് പശു വന്ന പാലല്ല ഭഗവാൻ കൊടുത്തതാണ് ഭഗവാനോ ഭഗവാൻ ഭഗവാൻ ആരാ അഗ യശോദ പറഞ്ഞോട്ടെ അഗഹ എന്നാണ് ഭഗവാൻ ആരാണെന്ന് ചോദിച്ചപ്പോ അഗഹ എന്നാണ് ഉത്തരവ് പറഞ്ഞത് അതായത് ഭഗവാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോ യശോദയെ കൊണ്ട് അന്തരാത്മാവായ ഭഗവാൻ തന്നെ പറയിപ്പിച്ചു ഗഗാരം വിട്ടാൽ എന്താണോ അതാണ് ഭഗവാൻ അതായത് ഭഗവാൻ എന്ന് ചോദിച്ചല്ലോ അതിൽ ഗാ പോയാൽ എന്തുണ്ട് ഭവാൻ നീ തന്നെ തത്വമസി ആ ഗഗാരം അവിടുന്ന് പോയാൽ എന്തുണ്ടോ അതന്നെ ഭഗവാൻ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ആ വെണ്ണ എനിക്ക് കിട്ടുവോ ആ വെണ്ണ നമുക്ക് പിടിക്കാൻ പറ്റില്ല എനിക്ക് പിടിച്ചു തരണം എന്നായി ഇങ്ങനെ അമ്മ ചോദിച്ച് ചോദിച്ച് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചു ചോദിച്ച അമ്മ പതുക്കെ പ്ലേറ്റ് മാറ്റാനായിട്ട് കഥ പറഞ്ഞു തരാട്ടോ ഉറങ്ങു എന്ന് പറഞ്ഞു കഥ പറഞ്ഞു വരൂ ഏത് കഥയാ പറയേണ്ടത് കഥ പറയൂ കൃഷ്ണന് രാമായണ കഥ അപ്പൊ യശോദ പറഞ്ഞു തുടങ്ങി മൂളിമൂളി കേട്ടുകൊണ്ടിരുന്നു രാമോ നാമ ബഭൂവ തദബലാസീതൗ പിടീതേ വിഹര താമാഹരദ്രാവണ രാമോ രാമ ബ രാമൻ എന്നു ഒരാളുണ്ടായിരുന്നു കഥ ഇങ്ങനെ തുടങ്ങി രാമായണം കഥ പറഞ്ഞു തുടങ്ങി കുഞ്ഞിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് പരം ചുരുക്കി രാമൻ ഉണ്ടായിരുന്നു രാമൻ സീതയെ പരിണയിച്ചു പിതൃവാക്യ പരിപാലനത്തിനായി അവർ കാട്ടിലേക്ക് പോയി കാട്ടിൽ പഞ്ചവട്ടി തട്ടയ വിഹരതഹ പഞ്ചവടീ തീരത്തില് നടക്കുമ്പോ താമാഹരദ്രാവണ രാവണൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കേട്ട ഉടനെ പകുതി ഉറക്കം ഇങ്ങനെ പിടിച്ചതാണ് താമാഹരദ്രാവണ ഇത് കേട്ട ഉടനെ സൗമിത്രേ ധനുർധനുരി ചാടിയണീട്ട് സൗമിത്രേ ഹേ ലക്ഷ്മണ വില്ലവിടെ വില്ലവിടെ വില്ല കൊണ്ടുവാ ഇപ്പൊ തന്നെ കഥ കഴിച്ചുകളോ ഇയാളാണ് ഈ രാമനാണോ എപ്പോഴെങ്കിലും രാമായണവും അപ്പോഴേ കഥ കഴിഞ്ഞിട്ടുണ്ടാവും മറ്റേ രാമന് ഉഷ്പു പോരാ ഉത്സാഹം പോരാ ഈ രാമനാണ് അപ്പൊ എങ്കിൽ കഥ വേറെ രാമന് ആവേശമുണ്ടായി യശോദ കുട്ടിക്ക് എന്തോ സംഭവിച്ചു ആവേശം ഉണ്ടായി ഒക്കെ കണ്ടപ്പോ കുട്ടിക്ക് രക്ഷയൊക്കെ ജപിച്ചു ഇങ്ങനെയും ഭഗവാന്റെ ബാലലീലകൾ ഭക്തന്മാർ പല ആസ്വദിക്കും പല രീതിയിലും ഭക്തന്മാര് ഭഗവാന്റെ ലീലകളെ രസിച്ച് അനുഭവിക്കണു ഒരു ദിവസം കൃഷ്ണൻ മണ്ണ് വാരി വാരി വാരി തിന്നാണ് കുട്ടികളൊക്കെ പറഞ്ഞു കൃഷ്ണ എന്താ മണ്ണ് തിന്നണത് മരുന്ന് പറഞ്ഞത്ര ബലരാമസ്വാമി വന്ന് ചോദിച്ചു കൃഷ്ണ മണ്ണ് തിന്നരുത് മരുന്ന് മരുന്ന് അവർക്ക് മനസ്സിലായില്ല ഇവൻ പറയണത് വിഷത്തിന് ആന്റിഡോട്ടാണത്രേ പൂതന വിഷം കൊടുത്തില്ലേ അതുകൊണ്ട് കുറച്ച് മണ്ണ് തിന്നു വേഗം അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കണ്ണൻ മണ്ണ് തിന്നുന്നു അമ്മ പിടിച്ചു വലിച്ചു കൊടുക്കുന്നു കൃതമതാന്താത്മൻ ഭക്ഷിത പറഞ്ഞാ കേൾക്കാത്ത കുട്ടി തോന്നിയാ വസെയുന്നു എന്തിനാ ഈ രഹസ്യമായിട്ട് പോയി മണ്ണ് തിന്നണത് കയേമഹ ആരു പറഞ്ഞു തിന്നോ തിന്നില്ലയോന്നല്ല ആരാ പറഞ്ഞ മുസലി വാവകാഹ്യ തേ കുമാരേ അഗ്രജോപിയും തന്റെ ഏട്ടനുണ്ടല്ലോ ഈ ബലരാമൻ ഇയാളും പറഞ്ഞു മിഥ്യാമ്പ് നാഹം ഭക്ഷിതമാനം സർവേ മിഥ്യാഭിശം കള്ളം എന്ന് പറഞ്ഞില്ല മിഥ്യ എന്നാണ് പറഞ്ഞത് തോന്നുകയാണ് അത് വലുതെ ഇവൾക്ക് മനസ്സിലാവോ കള്ളം എന്ന് പോട്ടെ മിഥ്യാമ്പ് ഞാൻ വെറുതെ തിന്ന മോലെ ഞാൻ തിന്നിട്ടൊന്നുമില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർവേ മിഥാവിശംസിന യുദ്ധി സത്യഗിര തരി സമക്ഷം പശ്യ മേ മുഖം അങ്ങനെയാണെങ്കിൽ വായതോർക്കും നോക്കട്ടെ മൃത്സ്ന മത്സീതി യശോദ താദനശൈശവ സന്സം വ്യാധവക്ലോകലോകാലോകുർദലോകാളി ലോകത്രയ പുരമൂല സ്തംഭം ലോകലോകമനോകം लोकेशं परमेशं ോകേശം പരമേശ പ്രണമത ഗചിത്രം സഹജീവകാല സ്വഭാവകർമാശയലിംഗഭേദം സൂനോ തനൗലിക്ഷ്യ വിചാരതേ വ്രജം സഹ ആത്മാനമവാപത്രദൃശേ വിശ്വത്സ്ാസ്നൂച്ചിശ സദ്രിദ്വീപതി ഭൂഗോളം സ വായകം ജ്യോതിശ്ചക്രം ജലം തേജഹ നിയവച്ച വൈകാരി കാണീന്ദ്രി മനോമാത്ര ഗുണസ്ത്രയദ്വിചിത്രം സഹജീവകാ സ്വഭാവകർമാശയലിംഗേദൂണോ സ്ഥലോ വീക്ഷ വിദരിതേ വ്രജം സഹാത്മാനമവാശം സ്വപ്നത് ഉത ദയാ കംവാദീയോ വുദ്ധിമോഹ അഥോ അമുഷ്യ മമ അർഭശ്രയ കശന ഔത്പത്തിക ആത്മയോ അഥോ യന്ന വിതർക്കോചരം ചേത്തോ മനഃ കർമ്മവോ അഞ്ചസയശ്രയംയത സുദു വിഭാവ്യം പ്രണതാസ്മി തത്പദം അഹം മമാസു പതിരേഷൂവൃതേശ്വരസവിവാസതി ഗോപ്യ സോപാ സഹോദനശ്രമ യന്മായേത്തം കുമതി സമയതിക ഈശ്വര വൈഷ്ണവീതനോന്മായാത്ര വിചിത്രം സഹ ജീവകാലാവശയം വായു തുറക്കൂ എന്ന് പറഞ്ഞു വായു തുറന്ന ഉടനെ സദൃശേ കണ്ടു അപശ്യ എന്താ കണ്ടത് സ്ാസ്മൂ ചിശാ ജഗത് ചരവും അചരവും ആയ ദിക്ക് മുഴുവൻ അവിടെ കണ്ടു പഞ്ചഭൂതങ്ങളെ മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായിട്ട് കണ്ടു ഖം വായുമഗ്നി സലിലം ബഹിം ച്യോതിംഷീ സ്പനി ദിശോ ദ്രുമാദീൻ സരിത്സമുദ്രാശ ഹരേ ശരീരം യത്കിഞ്ചൂതം പ്രണമേത് അനന്യ ഖം വായും അഗ്നിം സലിം മഹിംഷെ എല്ലാ ആചാര്യന്മാർക്കും ഈ ഒരു അനുഭൂതി ഏർപ്പെടുമ്പോൾ ജഗത്തിന് മുഴുവൻ ഭഗവത് സ്വരൂപം ആകാശം വായു അഗ്നി ജലം പൃഥിവി സൂര്യൻ ചന്ദ്രൻ അഹങ്കാരം മനസ്സ് ബുദ്ധി ഇതിനുമൊക്കെ തന്നെ പരമാത്മസ്വരൂപമായിട്ട് അനുഭവപ്പെടുന്നു വിണ്ണാകി മണ്ണാകി ി വളിയായിണായി ഉയരായി ഉണ്മയുമായി ഉന്മയുമായി കോണായി എൂത്താട്ടുവാനാകി നിന്ദനയേ എൻസി വാഴ്ത്തുവനേ ഒരു ഭക്തൻ പാടിയതാ എങ്ങനെ പ്രസ്തുതിക്കുന്നതാണ് വിന്നാകി മണ്ണാകി ഒളിയാകി വളിയാകി ഊണായി ഉയരായി ഉണ്മയുമായി ഉന്മയുമായി ആകാശമായി ഭൂമിയായി ചരാചരങ്ങൾ മുഴുവനുമായി ജ്യോതിഷ്ചക്രങ്ങളും ഒക്കെയായി ജലമായി തേജസ്സായി വായുവായി ആകാശമായി ഇന്ദ്രിയങ്ങളായിത്തീർന്നു മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളുടെ മൂലമാത്രകളായിട്ടും തന്മാത്രകളായിട്ടും സത്വം രജസ്സ തമസ്സ എന്നുള്ള ഗുണങ്ങളായിട്ടും സ്വഭാവം കർമ്മം ചിത്തം അഹങ്കാരം ഇതൊക്കെ തന്നെയായിട്ട് ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായി സർവം ഖലു ബ്രഹ്മ എന്നുള്ള അനുഭൂതി യശോദയ്ക്ക് തത്കാലത്തേക്ക് ഉണ്ടായി ആ വായു തുറന്ന് കാണിച്ചോണ് ആ അനുഭൂതി ഉണ്ടായി കിം സ്വപ്ന അല്പം ഒന്ന് ചവിട്ടിൽ വന്നപ്പോ യശോദ ആലോചിക്കാൻ ഞാനിപ്പോ എന്താ കണ്ടത് ഞാനിപ്പോ എന്താ കണ്ടത് കിം സ്വപ്ന അപ്പൊ കണ്ടത് സ്വപ്നമാണോ ഉദദേവമായ ഏതെങ്കിലും മായയാണോ ഇന്ദ്രജാലമാണോ കിം വാ മതീയോപത അഥവാ എനിക്ക് ബുദ്ധിഭ്രമം എന്തെങ്കിലും ബാധിച്ചോ അതോ അമുഷ്യ മമ അർഭക അഥവാ ഈ കൊച്ചുകുട്ടി എന്റെ മുമ്പിലിരിക്കുന്ന ഈ കണ്ണന്റെ കശന ഔത്പത്തിക ആത്മയോഗ സിദ്ധിച്ചിട്ടുള്ളവല്ല ആത്മയോഗവും മറ്റു ആണോ അതോ യഥാവതർക്കോചരം ചേരോ മനഃകർമ്മ വജോഭി അഞ്ജസ യഥാശ്രയം ഏന യത പ്രതീയത സുദുർവിഭാവ്യം പ്രണതാസ്മി തത്പദം ഏത് ഭഗവാന്റെ അപാര ശക്തി കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നുവോ ഇതിനെ ആശ്രയിച്ചു നിൽക്കുന്നുവോ ആ മഹാമായ വൈഭവത്തിനെ ബുദ്ധി കൊണ്ട് എങ്ങനെ കണ്ടെത്തും മനസ്സിനോ ബുദ്ധിക്കോ അവിടെ എത്തിച്ചേരാൻ സാധ്യമല്ല മനസ്സിലാക്കാൻ സാധ്യമല്ല ഏതൊരു പരമപദം ബുദ്ധിക്ക് അതീതമായി മനസ്സിന് അതീതമായി വർത്തിക്കുന്നുവോ ആ പരമപഥത്തിനെ ഞാനിതാ നമസ്കരിക്കും ഞാനും എന്റെ പതിയും ഈ വ്രതഭൂമിയും എന്റെ ഈ കുട്ടിയും ഒക്കെ തന്നെ ആ യോഗമായിയിൽ അന്തർഭവിച്ചിരിക്കും സർവവും അതിനകത്ത് കാണാൻ കഴിഞ്ഞു ഗോപികളും ഗോപന്മാരും പശുക്കൂട്ടങ്ങളും ഈ ഗോലോകവും എല്ലാം അതിനകത്ത് കണ്ടു കുറച്ചു നേരത്തേക്ക് യശോദ ഒരു ആത്മാനുഭവ രസം അനുഭവിച്ചു നിന്നു ഇവിടെ ഭഗവാൻ അഖില ജഗദ്ഗുരുവായ പ്രഭു യശോദയ്ക്ക് അൽപാൽപാൽപമായി ആ സമാധി രസത്തിന് ബ്രഹ്മരസത്തിനെ കൊടുക്കുകയാണ് ആ ലീല കാണുമ്പോൾ ഭഗവാന്റെ കൊച്ചുകുട്ടിയായിട്ടുള്ള കളിയും ആ രസവും ഒക്കെ കാണുന്നതിനോടൊപ്പം പരമാത്മാവാണെന്നുള്ള അനുഭൂതിയും അതിന്റെ കൂടെ ആ രസവും കൂടെ ഒഴുകിവരുമ്പോ ഈ ലീലകളൊക്കെ തന്നെ ബ്രഹ്മാനുഭവമായിട്ട് തീരും ഭഗവത് അനുഭവമായിട്ട് തീരും അപ്പൊ അല്പനേരത്തേക്ക് തത്വാനുഭൂതി ഉണ്ടായി ഇത്തം വിദിതത്വായാം ഗോപികായാം സ എന്നുവെച്ചാൽ തത്വം അറിഞ്ഞാലും നമുക്കൊക്കെ അതാണേ കേൾക്കണ സമയത്ത് കുറച്ചു നേരത്തേക്കൊക്കെ മനസ്സിലായ പോലെ തോന്നും കിട്ടിയ പോലെ തോന്നും ചിലരൊക്കെ വേദാന്തം കേട്ട് പറയും കിട്ടിയെന്ന് തന്നെ തോന്നി എന്നാണ് പക്ഷെ അടുത്ത ദിവസം കാണാനില്ല എന്താ അതാണ് വൈഷ്ണവി ആ മായ എന്ത് ചെയ്യുന്നു ഓർമ്മ വയ്ക്കും ഓർമ്മയും കൊണ്ടുവരും മറക്കാനും വയ്ക്കും മറ്റസ്മൃതി ജ്ഞാനം അപോഹനം ഓർമ്മിപ്പിക്കുന്നതും അവൾ തന്നെ മറക്കാൻ ചെയ്യുന്നതും അവൾ തന്നെ സ്മൃതിയായിരിക്കുന്നതും അവൾ തന്നെ വിമോഹനം മറവിയായിട്ടിരിക്കുന്നവളും അവൾ തന്നെ അപ്പോ ആ വൈഷ്ണവി മായ തൽക്കാലത്തേക്കൊന്ന് ആവിർഭവിച്ച് തൽക്കാലത്തേക്കൊന്ന് തത്വംബോധം ഉണ്ടാക്കിയാലും മായ വീണ്ടും അല്ലെങ്കിൽ ലീല നടക്കില്ല അതുകൊണ്ട് മായ വീണ്ടും വന്നു തൽക്കാലത്തേക്ക് കിട്ടിയ ആ ദർശനം പറഞ്ഞുപോയി കുട്ടിക്ക് ഏതോ ഭയം എന്തോ ബാധ ഉണ്ടായതാണെന്ന് ധരിച്ച് രക്ഷയൊക്കെ ജപിച്ചു सद्यो नष्टी गोपी सारूप्याहज प्रवृद्धस्नेहकलीलहृदयासि यथापुराय्यापनिषद्भिश्च सांख्ययोग सावत उपगीय महात्म्यं हरमता आत्मज सुब्रह्मि परजुस्म वेद ज्ञानकांडम कर्मकांडम उपासनाका मुदाय कांडत्रय ഉപനിഷത്തുകൾ കൊണ്ടും സാങ്ക്യശാസ്ത്രം കൊണ്ടും യോഗശാസ്ത്രം കൊണ്ടും ശാത്വത സംഹിതകൾ കൊണ്ടും ഏതൊരു പരമാത്മാവിന്റെ വൈഭവത്തിനെ പാടപ്പെടുന്നുവോ ആ പരമാത്മാവിനെ തന്റെ ആത്മജം തന്റെ കുട്ടി എന്ന് കരുതിയെന്നാണ് അതാണ് പ്രസിദ്ധമായ ഒരു കീർത്തനമുണ്ട് തമിഴില് എന്നതപം ശൈതനൈ യശോദ എങ്കും നിറൈ പരബ്രഹ്മം അമ്മായി അഴയ്ക്ക് എന്ന തപംശൈത